ം അഞ്ച് ഇപ്പോൾ പടക്കൂട്ടങ്ങളുടെ മകളെ പടക്കൂട്ടമായി കൂടുക അവൻ നമ്മുടെ നേരെ വാടകോരുന്നു ഇസ്രയേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ടത്ത് അടിക്കുന്നു നീയോ ബേത്ത് നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും അവന്റെ ഉത്ഭവം പണ്ടുള്ളതും പുരാതനമായതും തന്നെ അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവനവരെ ഏൽപ്പിച്ചു കൊടുക്കും അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും എന്നാൽ അവൻ നിന്ന് ഈ ശക്തിയോടും തന്റെ ദൈവമായ ഈ നാമത്തിന്റെ മഹിമയോടും കൂടെ േയിക്കും അവർ നിർഭയം വസിക്കും അവനന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ അവൻ സമാധാനമാകും അശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ ഏഴ് ഇടയന്മാരെയും എട്ട് മനുഷ്യപ്രഭുക്കന്മാരെയും നിർത്തും അവർ അശൂർ ദേശത്തെയും അതിന്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ്ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും അശൂർ നമ്മുടെ ദേശത്തു വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കൈയിൽ നിന്ന് വിടുവിക്കും യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ഇടയിൽ യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞുപോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന യും ആകും യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും അത് അകത്തുകടന്നാൽ ചവിട്ടി കടിച്ച കീറിക്കളയും വിടിവിപ്പാൻ ആരും ഉണ്ടാകയില്ല നിന്റെ കൈ നിന്റെ വൈരികൾക്കുമീതെ ഉയർന്നിരിക്കും നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും നിന്റെ രഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഈ അരുളപ്പാട് ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളെയൊക്കെയും ഇടിച്ചുകളുകയും ചെയ്യും ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും ശകുനവാദികൾ നിനക്ക് ഇനി ഉണ്ടാകുകയുമില്ല ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചുകളയും നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല ഞാൻ നിന്റെ അശേരാപ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയുകയും നിന്റെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്തവണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും